നിങ്ങൾ അള്ളാഹുസുബ് ഹാനഹുവ ചയാലേയും അവന്റെ റസൂലിനെയും അനുസരിക്കുക നിങ്ങൾ പരസ്പരം തർക്കിക്കരുത് എങ്കിൽ നിങ്ങൾ തളർന്നു പോവുകയും നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾ ക്ഷമിക്കുക തീർച്ചയായും അള്ളാഹുസുബ് ഹാനഹുവ ചേലാ ക്ഷമിക്കുന്നവരോടൊപ്പമാകുന്നു